അദ്ദേഹം പറഞ്ഞു ഐഹികജീവിതത്തിൽ നിങ്ങൾക്കിടയിലുള്ള സ്നേഹം കാരണം അള്ളാഹുസുഭാനുഹൂവത്തായാലായക്കു പുറമേ നിങ്ങൾ വിഗ്രഹങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു പിന്നീട് പുനരുദ്ധാന നാളിൽ നിങ്ങളിൽ ചിലർ ചിലരെ നിഷേധിക്കുകയും ചിലർ ചിലരെ ശപിക്കുകയും ചെയ്യും നിങ്ങളുടെ അഭയസ്ഥാനം നരകമായിരിക്കും നിങ്ങൾക്ക് സഹായികളാരും ഉണ്ടാവില്ല